അളവറ്റ അരുളാളനും നികരച്ച അൻപടയുമാകിയ അല്ലാഹുവരായി തോന്നുക ഉലകത്താർ യരെയും അച്ചമൂട്ടി എച്ച സത്യത്തെയും അസത്യത്തെയും പ്രിത്ത് അറിവിക്കും ഇവേദത്തെ തൻ അടിയാർ മീത് ഇറക്കിയവൻ മിക്കവാക്കിയവൻ അന്നായൻ എട്ടവൻ എന്നാൽ വാനങ്ങൾ ഭൂമി ആകിയവൻ ആക്ഷി അവനുക്കേ ഉത് അവൻ തനക്കെ ഒരു മകനെ എടുത്തക്കൊള്ളവില്ല അവനുടേ ആക്ഷിയുടെ കൂട്ടാളി എവരും ഇല്ലേ അവനെ എല്ലാ പൊരുക്കളെയും പഠിത്ത അവറ്റൈന അളവ് അമിനും ഇണവെപ്പവർ അവൈവങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും പടക്ക മാട്ട ഏന അവയെ പഠിക്കപ്പെട്ടവ അവ തങ്ങൾക്ക് ഏർപ്പെടും തീമയോ ഇന്നും നന്മയോ ഉണ്ടാക്കി കൊള്ള ഇവലും അവർപ്പിക്കവോ മരിക്കവോ മീണ്ടും ഉയർ കൊടുത്ത് എഴുപ്പവോ ഇവയുമോ ഇരുക്കും ഇത് അൽ കുർ കൊയ്യേ അന്തി വേറില്ല ഇത് ഇവരെ ഇട്ടുകട്ടിക്കൊണ്ടു ഇന്നും മക്കൾ കൂട്ടത്താരും ഇതിൽ അവർക്ക് ഉദവി പുരി നിരാകരിപ്പവർ കൂടു കൂടാ ഇപ്പൂ മൂലം തടനാ അവർ അനിയായത്തെയും കൊയ്യും കൊണ്ടുവന്നുള്ള ഇന്നും അവർ കൂടു കുന്നോളി കട്ടക്കഥകളെ ഇവ ഇവരേ എഴുതി കൊണ്ടിരിക്കുന്ന മാലയിലും ഓദി കാണിക്കപ്പെടുന്നേ വാനങ്ങളിലും ഭൂമിയും ഉള്ള രഹസ്യങ്ങളെ അറിവൻ എവനോ അവനേ അതെ ഇറക്കി വയ്ത്താണ് നിശ്ചയമാൻ മിക മന്നിപ്പവനാക്ക് എന്നവർ പോലെ ഉണവ് ഉണ്ടാവില്ല കട വീതികളിൽ നടക്കുക ഇവരുടെ സേർന്ന് അച്ചമൂട്ടി എച്ച ഒരു മലക്ക് വാണവർ അനുപെട്ടത് ഇവർക്ക് ഒരു പുതയൽ അളിക്കപ്പെട്ട വേണ്ടാ അല്ലെങ്കിൽ നാം ഉൺപത ഒരു പഴ തോട്ടം ഉണ്ടാക്കി എന്നും കൂടുതലും അന്യായക്കാരൻ മോമി നോക്കി സൂന്യം ചെയ്യപ്പെട്ട ഒരു മനുഷരയെ അൻ റിവരെയും പിൻപറ്റില്ല അവർ എത്രയോ ഓമാനങ്ങളെ എടുത്ത് കൂടുതൽ എന്തെങ്കിലും അവർ വഴികി പോയി വിട്ടു അവ മക്കത്തെ ശക്തിപെ മാറ്റി നബിയേ ഇനികരി പോർവതവിടെ തോട്ടങ്ങളെ ഉമക്കാ ഉണ്ടാക്കുവാനേ അായൻ ബാക്കിയ മിക്കവൻ അവഴേ ആറ് സദാ ഓടിക്കൊണ്ടിരിക്കും ഇന്നും ഉമക്കാൻ അംഗ് മാളികളെയും അവൻ ഉണ്ടാക്കുവാന് അവർ ഇറതി വിസാരണക്കാലത്തെയേ പൊയ്പിക്ക മുടാ മുപ്പെടുമ്പോ അവർ വെറുതൊ കാണും പോകേ ഉരിത്താന കൊന്തളിപ്പും ഇരച്ചലയും അവർ കേൾക്കുക അന് നരകത്തിൽ ഒരു നെരുക്കമായ ഇടത്തിൽ അവർ സങ്കിലിയാൽ കട്ടി എറിയപ്പെട്ട അവദനയെ താങ്കമാട്ടാമെവിടെ അഴിവേമേൽ അങ്ങേ വേണ്ടി അഴയിപ്പിൽ ഴി അഴൈക്കാൽ ഇന്നും പല അഴി അഴയുണ്ടെങ്കിൽ അവർ അത്ത നരകമാണ് നല്ലതാ അല്ല ഭക്തി ഉടയവർക്ക് വാക്കിക്കപ്പെട്ടുള്ള നിത്യ സ്വർഗം നല്ലതാ അത് അവർക്ക് നക്കൂലിയാ അവൾ പോയി ചേരും ഇടക്കും അവർ നബിയേർ കൂറും അതിൽ അവരുമ്പിയതെല്ലാം കിടക്കും അവ തമ്മിടം വേണ്ടി പെക്കൂടിയാണെ വണങ്ങിയവരെയും അല്ലാതെ അന്വേഷുകൊണ്ടിരുന്നവരെയും ഒന്ന് സേർക്കും നാളിൽ അോക്കി എന്ന അടിയാർഗ്ള വഴി കെടുത്തീകളാ അല്ലെങ്കിൽ അവർ താമേ വഴികി പോണെ ഇവൻ കേ ഉന്നെ അൻപാവലെ ഏർപ്പെടുത്തിക്കൊള്ള എങ്ങനെ ഇല്ലയേയും ഇവരുടെ മൂതാദയുഭവിക്കോ ഉഴിഞ്ഞ പോകും കൂട്ടത്താർ ആണാ ഇവൻ ഇണ വെപ്പവളം ഇവഴികളു നിങ്ങൾ തടനാ ഇവ പൊയ്യാക്കിവിട്ടന ആകെ ഇപ്പോൾ വേദനയെ തടുത്തക്കൊള്ളവോ ഉദവി പെട്ടവോ നിങ്ങൾ ശക്തിപ്പെടുക ഉള്ളിൽ യവൻ അനുയായം ചെയ്തു കൊണ്ടിരുന്നോ അവനെ നാംതൊരു വേദനയെ സുവക്ക ചെയോം എന്ന് ഇവൻ കൂടുവാൻ നബിയേ ഇന്നും ഉമുക്ക് മുൻ നാം അനുപിയ തൂതമാ ഉണ അരുപോ കട വീതികളിൽ നടമാടുപോതും ചിലരുക്ക് സോദനയാക്കിയിരിക്കും ആകെ നിങ്ങൾ പൊറമയുടൻ ഇരുപ്പീകളു യാവും ഉറ്റ് നോക്കിയവനാകേക്കും മറന്നിപ്പി വരുമ്പാതെ അവർ എങ്ങളുടെ ഏർ മലക്ക് അനപ്പടില്ല അല്ലെ ഏൻ നാം നമ്മുടെ ഇളവനെ കാണമില്ല കൂടു കിടമൊണ്ടും മികവും വരമ്പു കടന്ന് ചെറുവിട്ട അവർ മലക്കകളും നാളിൽ അക്കുറ്റു നറു എ ദിനം ഇരാത് മലക്കുകൾ വരവ് അവണും പോലും അഭയം അഭയം എന്ന് അവർ കൂടുവർ ഇമ്മയിൽ ചെയ്ത പക്കം മുൻ നോക്കി അവ നന്മ എം ഇല്ലാതെ പരത്തപ്പെട്ട കുഴിയാക്കി വിടുവോം അന് നാളിൽ സ്വർഗവാസികൾ തങ്കും ഇടത്താൽ മേലാഭവിൽ അഴകാനവർത്താൻ പിറന്നു പോകും മലക്കുകൾ അണി അണിയായി ഇറക്കപ്പെടുവീ അമ്മയാണ് ആക്ഷി അഹ്മാലും കാവിലടുമയ നാളുകൾ അന് നാളിൽ അനിയായക്കാരൻ തൻ കൈകളെയും കടിച്ച് കൊണ്ട് അത്തൂരരുടെ നാനും നേരാന വഴിയെ എടുത്തൊണ്ടാ കൂടുവാന് വഴികെടുത്ത ഒരുവനെ നമ്പറാ ആക്കിക്കൊള്ളാതെ നിശ്ചയമാല്ലുപദേശം വന്ന പിന്നും അതിലിരുന്ന് അവൻ എന്നെ വഴികെടുത്താനേ അന്നൈതാനും മനതനുക്ക് മികവും സതി ചെയവനായി പുലമ്പുവാണ് എപ്പേ നിശ്ചയമാർ ഇന്ന പുറ മുിലും പുറക്കണിത്ത് ഒതുക്കിവിട്ടാൽ എന്ന് നം തൂതർ കൂടുവാലും ഇവറെ നാം ഒര് നബിക്കും കുറ്റവാളികളിലെ പകൈവരെ ഉണ്ടാക്കിനോ ഇന്നും ഉമ്മുക്ക് നേർവഴികാട്ടിയാൽ നല്ലുതവി പുവനാ പോവൻ ഇന്നും ഇവർക്ക് ഇൺ മൊത്തമാൻ ഒരേ തടവയിൽ മുഴുവൻ ഇറക്കപ്പെടില്ല നിരാകരിപ്പോർ കേൾ യത്തെ ഉറക്കി നാം ഒഴുങ്ക അത് ഉമ്മടം എവ്വിധമാനത്തെ കൊണ്ടുവന്നാലും ഉംയാനും അഴകാനതുമായ ഒരു വിളക്കത്തെ കൊടുക്കാമില്ലേ യവർ നരകത്തു തങ്ങൾ മുഖം കുപ്പുറ ഇടുത്തിച്ചെല്ലേ അവർ തങ്കുമിടത്താൽ മികവും കെട്ടവൽ ും വഴികെട്ടവു കൊടുത്തോ ഇ അവരുടെ അവരുടെ സഹോദര സാറോന അമേർപ്പെടുത്തിനോ ആകെ നാം ഇരുവരും നം അത്താക്ഷികളെ കൊയ്പ്പിത്താളേ അക്കൂട്ടത്തോ പിന്നുപിത്തവൻ സമൂഹത്തവർ അവ നം തൂതാക്കിയ പോലെത്തോ അവ മനുതാക്ഷിത്തോട് അനുയായക്കാരോവിനെ ചെയ്യും വേദനയെ നാം സിത്തപ്പെടുത്തി ആത് സമൂത് കൂട്ടത്താരെയും അകൾവാസികളെയും ഇവർക്ക് ഇടയിൽ ഇന്നും അനേക തലമുറയെയും നാം ദണ്ടിത്തോ അവർ ഒരവർക്കും നാം പല ഉദാഹരണങ്ങളെ കൂറിനോ അവൾ ചെയ്യവേ അവയ നിരാകരിപ്പവർ ഒരു തീമയ കൽമാറി പൊഴിവിക്കപ്പെട്ട ഊരുക്ക് ചെണ്ടു ഇവർ പാർക്കില്ല മരണത്തിന് പിൻ ഉയർ കൊടുത്ത് എഴുപ്പപ്പെടുവർ നമ്പവേ ഇല്ലേ നബിയേലും ഇവർ ഉമ്മ കാണും പോവരെ താനാ ദൂതരായി അല്ലാ അനുപിനാൻ പരീഹാസമാർപവർ അല്ലാമൽ ഉം അവർ ഏറ്റവും നാം നം ദൈവങ്ങളിൽ മീഡിയ ഉല്ലാതിരുന്നെടുത്തേപ്പർ കൂടുതൽ മരുണയ വേദനയെ അവർ കാണും പോലും പാതയായി മികവഴികവർ യാർക അറിഞ്ഞകൊള്ളവർ തൻ ഇഴിവാ ഇച്ചയെ തൻ ദൈവമായി എടുത്തക്കൊണ്ടവനെ നബിയേർ പാത്തീരാ അത്തേ പാതുവലായി അല്ലത് നിശ്ചയമാറോ ഉം ഉപദേശത്തെ കെക്കി അല്ലെങ്കിൽ അറിവ് ഉണർഗ്ഗ മൃഗങ്ങളെ പോവേ അറില്ല അവർ മികവും വഴികൾ നബിയേ ഉമ്മു നിഴലേ എപ്പടി നീട്ടുകാൻ പാർക്കില്ല അവൻ നാടിനാൽ അതായി അവൻ ഒരേ നിലയിൽ അസൈവട്ടി ഇരുക്ക ചെയ്യ മുടും നബിയേ പിന്നൂര്യെ നാം തിഴലുക്ക് ആധാരമാക്കിനോ പാം സുരത്ത് നമ്മുടെ കൈപ്പറ്റി കൊള്ളുക അവൻതാ ഉറവ ആടയപാറലാക്കിരിക്കുന്ന അവനേ പകലെ ഉൾപ്പെളി വീശി പ്രകാശിക്കും ആക്കി ഇന്നും അവൻതാൻ തന്നുടേതും മുൻ കാറ്റി നന്മാറായമാനപ്പി വാൻ മനകൊണ്ട് പരുമ്പടി അടയ മനുഷ്യ നിലവാര അവ പങ്കിടുക മനുഷ്യോർ ഇവ ഉമയകരിക്കലും നാം നാടിയാൽ ഒരൂ ഊരലും അച്ചമൂട്ടി എച്ചവരെ നാം അനുഭവിക്കഴിപടിക അവരുതാൻ ഇരു കടലുകളും ഒന്ന് സേർത്താൻ ഒന്ന് മിക്ക ഇനിമയും സുവയും ഉള്ള തന്നീർ മറ്റൊരു ഉപ്പും കസപ്പുമാണ് തണ്ണീർ ഇവ ഇരണ്ടക്കും ഇടയെ വരമ്പയും മീറമ ഒരു തടയെയും ഏർപ്പെടുത്തിയ ഇന്നും അവൻതാൻ മനിലിരുന്ന് പടൈത്ത് പിന്ന അവ വംശത്തെയും സമ്പന്ധങ്ങളെയും ഏർപ്പെടുത്തുക ഇവർ അവർ അല്ലാഹു അന്തി തങ്ങൾക്ക് നന്മ ചെയ്യവോ തീമയ ചെയ്യവോ ഇലാത്തവറ്റ വണങ്ങുകം ഇവനുക്ക് എതിരായി ഇന്നും ായം കൂടുപ്രച്ചമൂട്ടി എച്ചവരാവുമേ അല്ലാമ അനുപില്ല എന്തും കെട്ടില്ല വിരുപ്പം ഉള്ളവർ തം ഇറവനിടത്തില്ല നേർവഴിയെ ഏർപ്പെടുത്തിക്കൊള്ളട്ടും എന്തെ മരിക്കാനേ അന്ന് നിത്യ ജീവനാകിയ അല്ലാഹുവിൻ മീതേ മുറ്റിലും നമ്പിക ഇന്നും അവൻ പുനും അവൻ തൻ അടിയാകളിൽ പാവങ്ങളെ അറിവായി പോകും അവനേ വാണങ്ങളെയും ഭൂമിയും അവർയും ആറ് നാടുകളിൽ പഠിച്ചാൻ പിന്ന അവൻ അർഷൻ മീഡിയ തൻ ആക്ഷ നിലനാട്ടാൻ അവൻതാൻ അരുൾമിക്കാൻ ആകെ അറിവ് അവരെ പറ്റി കേൾപ്പീരും അർ റഹ്മാക്ക് സജിതാ ചെയ്യുണ്ടാകും അവരഹ്മാൻപിടുക്കെല്ലാം സജിതാ ചെയ്യുന്ന അവർപ്പയർപ്പെടുത്തി വിട്ടത് വാനമണ്ഡലത്തിൽ രാശികളെ ഉണ്ടാക്കി അവറ്റിടേ ഒരു വിളക്കെ സൂര്യനെയും ഒളിവാന സന്ദ്രനെയും ഉണ്ടാക്കി താനേ അവൻ ബാക്യം ഉള്ളവൻ ഇന്നും നിലവടു വരുമ്പോൾ അല്ല നന്ദി വരും അവൻതാ ഇറവയും പകലെയും അടുത്തടുത്ത് വരുമാന ആക്കിനാണ് ഇന്നും അർഹ അടിയാറുകൾ യാരം ഭൂമിയ നിണ്ടവുഴിപാട് ചെയ്തു ഇരവൽപ്പേ അവേ എങ്ങൾ വിട്ടും നരകത്തിൻ്റെ വേദനയെ തൃപ്പുവായാ നിശ്ചയമാേദന നിരന്തരമായ തൂടുവാര അന് നരകമാണ് സിത് നേരമോ അല്ല നിലയോ തങ്കുവെട്ട ഇടമാകും ഇന്നും അവർ ചെലവ് ചെയ്ത വീൺവിലയം ചെയ്യമാട്ടോപിത്തരമ കുറയ്ക്കൂ മാറ്റ എനും ഇരണ്ട് മറ്റിയ നിലയായി അറിയും അവർ അല്ലാഹുടൻ വേറെ നായിനെ പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിനോട് വിളക്കപ്പെട്ട എന്ത മനും അവർ ന്യായമിന് കൊല്ലമാറ്റവചാരമും ചെയ്യമാവെ അവർ ദണ്ഡനയടയ നേരിടും ക്ഷാമനാളിൽ അവരുടെ വേദന ഇരട്ടിപ്പാകപ്പെടും ഇന്നും അതിൽ ഇഴിവാക്കപ്പെട്ടവരാണ് എന്തെങ്കിലും തങ്കിവിടുവർ ആണോ അവർ തൗബാ ചെയ്തു ഈ മാനം കൊണ്ട് സാലികാ നച്ചിളോ അവ നന്മയായി മാറ്റി വിടുവാനും അല്ലാഹ് മിക്ക മന്നിപ്പോനാ മിക്ക കരുവയുടയോണു ഇന്നും എവർ തൗബാ ചെയ്തു നച്ചെയും അവർ നിശ്ചയമാടമേ തീർന്നി വിടുക അവർ സാക്ഷി മാറ്റർ വീണാണ് കാര്യം നടക്കും ഇടത്തിളായും കണ്ണിയവരായി ഒതുങ്ങി ചെറുവിടുവർ ഇന്നും അവർ തന്നുടേ വസനങ്ങളെ കൊണ്ട് നിലവൂട്ടപ്പെട്ടും കുരുടുകളെയും പോലെ അവഴ മാറ്റി ചിന്തയുടൻ ചെവി സായ്പ അവപ്പേ എങ്ങൾ മനവിയടമും എങ്ങൾ സന്തുകളിൽ കുളർച്ചയെ നനകൊയ അളിപ്പായാ ഇന്നും ഭയഭക്തി ഉടയവർഗ്ഗ ഇമാട്ടിയാ ആക്കി അരുൾവായാൻ പ്രാർത്ഥന ഇത്തവണ അവർ പൊറമയുടൻ ഇരുന്ന കാരണത്താൽ ഇവർക്ക് ചുവനവരിൽ ഉന്നതമായ മാളിക അളിക്കപ്പെടും മുബാരക്കാൻ നല്ലുപസാരമും സലാമും കൊണ്ട് അവർ എതിർ കൊണ്ട് അഴക്കപ്പെടുവീ അതിൽ അവർ എന്തെങ്കിലും തങ്കിവിടുവേരമോ നിരന്തരമാവോ ഇരുപ്പതകിയ തങ്കുമിടമാകും നബിയേ ചൽവീതാ ഉടൻ മണക്കമും പ്രാർത്ഥനയും ഇല്ലാവിട്ടാൽ എന്നു ഉണ്ടെടുത്തിരിക്കോ സത്യത്തെ നിരാകരി കൊണ്ടേയിരുക്കീവേ അതേന പിന്നെ കണ്ടിപ്പിത്തേ തീരും